അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു റൂബിനുള്ള ഹാരിസ് അവന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തികൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദറശ്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ അള്ളാബുന്റെ ഖുറാനിനെ പറ്റി അത് സീഹറാണ് എന്ന് പറഞ്ഞ ആരോപിച്ച വ്യക്തി അയാളാണ് വലീദുബിന് മുഹിയറ അയാളും ഇതുപോലെ തന്നെ മുസ്ലിംകളെ ഉപദ്രവിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നയാളാണ് അതുപോലെ രണ്ട് രണ്ട് മക്കൾ ഉമയ്യയും അതുപോലെ ഉബൈഫ് അയാൾക്കൊരു പ്രത്യേകതയുണ്ട് ഈഷെപ്പാൻ അവനെ കൊലപ്പെടുത്തിയത് നബിസൊല്ലാ റസൂൾ ഉള്ള കൊലപ്പെടുത്തിയ ഒരേ വ്യക്തി അയാളാണ് റസൂൾ ഉള്ള വേറെ ഒരാളെയും യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടില്ലാസ്ലം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി ഉബൈബ് അത്ര വലിയ ഷേർത്താനായിരുന്നു ഞാൻ റസൂളുള്ള മദീനയിലുള്ള കാലഘട്ടത്തിൽ അയാൾ മക്കയിൽ വീമ്പു പറയുമായിരുന്നു ഞാനാണ് മുഹമ്മദിനെ കൊല്ലുക അത് റസൂളുള്ള അറിഞ്ഞപ്പോൾ സല്ലല്ലാഹ് അലിഹുസലം അവിടുന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ ഞാനായിരിക്കും കൊലപ്പെടുത്തുക പിന്നീട് യുദ്ധത്തിൽ നബി സല്ലാഹു അലി ഹസ്ലം അവനെ കുന്തം കൊണ്ട് കുത്തുകയും ആ കുത്തേറ്റ് അവൻ മരിക്കുകയാണ് ഉണ്ടായിരുന്നു അവനാണ് ഉബൈ ഉബുനു റസൂൽ സല്ലാഹ് അലൈഹി വസ്ലാം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ ഒരേ വ്യക്തി ഈ ഉപയോഗം മറ്റൊരാളെയും സല്ല അള്ളാഹു അലൈഹി വസ്ലം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ നബി കൊലപ്പെടുത്തിയവൻ അവൻ ശബിക്കപ്പെട്ടിരിക്കുന്നു അവൻ അത്രമാത്രം നശിക്കപ്പെട്ടവനാണ് അതിൽ സംശയമില്ല ഇവരൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കുന്നതിൽ മുൻബന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ അവർ അവരുടെ കൂട്ടത്തിൽ പുറേശികളുടെ കൂട്ടത്തിൽ നിന്ന് സ്ഥാനവും പദവിയുമുള്ള ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവരുടെ അടുക്കൽ പോകും എന്നിട്ട് പറയും നിന്റെ സ്ഥാനം ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ നിന്റെ സ്ഥാനവും എല്ലാം എടുത്ത് ഞങ്ങൾ കളയും കച്ചവടക്കാരായ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാലും അവൻ ചെല്ലും ഈ പറഞ്ഞ ആൾക്കാർ പ്രത്യേകിച്ച് അബൂ ജഹൽ അവൻ ചെന്നിട്ട് പറയും നിന്റെ കച്ചവടം ഞങ്ങൾ പൊളിക്കും എന്റെ സമ്പാദ്യം ഞങ്ങൾ ഇല്ലാതെയാക്കും ഇന്നും ഇതൊക്കെ തന്നെയാണ് മുസ്ലിമീങ്ങളെ അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ഹട്ടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ ജനങ്ങൾ കൊണ്ടുവരുന്ന മാർഗങ്ങൾ പാവപ്പെട്ട ദരിദ്രരായ വാഫാക്കളായ ആരെങ്കിലും ആണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ അവർ ശക്തമായി ഉപദ്രവിക്കുമായിരുന്നു അത് ധാരാളമായി ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട് അബ്ദുല്ലാ ഹിൻ അബ്ബാസ് അൻഹുമാൻ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു മുസ്ലിംങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരുന്നു അവർക്ക് അവരുടെ ദീൻ ഉപേക്ഷിക്കേണ്ടി വരുന്ന രൂപത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു അവർ ധാരാളം അനുഭവിക്കാറുണ്ടായിരുന്നു എന്നിട്ട് അവർ മുസ്ലിമീങ്ങളെ അധികം നേര മുഖത്തടിക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി അവർ തല്ലും ചിലപ്പോ വടിയെടുത്ത് തല്ലും കല്ലുകൊണ്ട് തല്ലും അതോടൊപ്പം ഭക്ഷണം കൊടുക്കുകയില്ല വെള്ളം കൊടുക്കുകയില്ല അങ്ങനെ അവർക്ക് ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അവരെ എത്തിക്കും അങ്ങനെ പ്രയാസം കടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മുഷരിക്കുകൾ അവർ ചോദിക്കാൻ തുടങ്ങും അല്ലാത്ത അള്ളാഹുവിന് പുറമേ ഉള്ള നിന്റെ ഇലാഹല്ലേ ിക്കുന്നില്ലേ അതേ എന്ന് പറയുന്നതുവരെ അവരടിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ വഴിയിലൂടെ അവരുടെ അടുത്തുകൂടെ ഒരു പൂച്ച നടന്നുപോയാൽ അതല്ലെങ്കിൽ ഒരു കിളി അവരുടെ അടുക്കൽ വന്നിരുന്നാൽ ഇത് നിന്റെ ഇലാഹാണ് പരിഹസിച്ചു ചോദിക്കും അതാണ് എന്ന് പറയുന്നത് വരെ അടിച്ചുകൊണ്ടിരിക്കും അത്ര പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിമീങ്ങളിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഈ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളുകളിൽ ഒരു വിഭാഗമാണ് ഒരു കുടുംബമാണ് ആലുയാസർ യാസറിന്റെ കുടുംബം അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വളരെ കടുത്ത പ്രയാസങ്ങളായിരുന്നു അമ്മാർ ഉപനു യാസർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവായ യാസറും അദ്ദേഹത്തിന്റെ ഉമ്മയും സഹോദര ഭാര്യയായ സുമയ്യയും ഇസ്ലാം സ്വീകരിച്ചു ആ കുടുംബം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു പാവപ്പെട്ട ആളുകളായിരുന്നു അവർ ദരിദ്രരായിരുന്നു മക്കയിലെ ആളുകൾക്കിടയിൽ വളരെ സ്ഥാനമാനങ്ങളില്ലാത്ത ആളുകളിൽ പെട്ടവരായിരുന്നു യാസറിന്റെ കുടുംബം അങ്ങനെ മക്കയിലെ മുഷിരിക്കുകൾ പ്രത്യേകിച്ച് മഹ്സൂം കുടുംബം അതുപോലെ തന്നെ അവർ അവരിലെ നേതാവായ അബു ജഹൽ ഇവർ ഈ കുടുംബത്തെ ഒന്നാകെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ ചൂട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെ നിരത്തി ഈ ചൂടിൽ കൊണ്ടുപോയി കിടത്തും എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും അങ്ങേയറ്റം പ്രയാസത്തിലാക്കുകയും ചെയ്യും അലി വസല്ലം ഒരിക്കൽ അവരുടെ അടുക്കൽ കൂടെ നടന്നുകയും റസൂൾ അവർ ഈ ചെയ്യുന്ന അവരനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ല്ലം അവിടുന്ന് പ്രസിദ്ധമായ അവിടുത്തെ വാക്ക് പറഞ്ഞു സബ്രാസർ യാസറിന്റെ കുടുംബമെ ക്ഷമിക്കുകാഹുഅലി വസ്സലം ആ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കാണത് കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള സ്വർഗമാണ് അവിടത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടമല്ല നിങ്ങൾ സ്വഹാവികൾ അവരനുഭവിച്ച പ്രയാസങ്ങളാണിത് പിന്നീട് മുഷിരിക്കുകൾ യാസറിനെ വെയിലത്ത് കിടത്തി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തി സുമയ്യയെ അവർ അവരുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം കുത്തിക്കൊണ്ടാണ് കൊലപ്പെടുത്തിയത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യം ഷഹീദായ വ്യക്തി സുമയ്യയാണ് പിന്നീടാണ് മറ്റ് ആ കുടുംബത്തിലുള്ള ആ കുടുംബത്തിലുള്ള മറ്റു ആളുകൾ മറ്റു ആളുകൾ മരണപ്പെട്ടത് ഒരിക്കൽ ഒരിക്കൽ യാസറിനെ അല്ലെങ്കിൽ അമ്മാറിനെ മുഷരിക്കുകൾ ശക്തമായി ഉപദ്രവിച്ചു അങ്ങനെ അദ്ദേഹത്തോട് അവർ ചോദിച്ചു കൊണ്ടിരുന്നു ലാത്തനിന്റെ റബ്ബല് ആദ്യമാദ്യം അദ്ദേഹം സമ്മതിച്ചില്ല ഉപദ്രവം കടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു മുഹമ്മദിനെ പരിഹസിക്കാൻ പറഞ്ഞു അദ്ദേഹം മുഹമ്മദിനെ പരിഹസിച്ചു അങ്ങനെ അവർ പറഞ്ഞത് അനുസരിച്ചപ്പോൾ അവർ യാസറിന് വെറുതെ വിട്ടുസല്ലാ അലൈഹി വസ്സല്ലമ്മയുടെ അടുക്കലേക്ക് യാസർ ഓടിവന്നു യാസർ കരയുന്നുണ്ടായിരുന്നു റസൂൽ അലൈഹി വസ്ല്ലം യാസറിനെ ചേർത്ത് അദ്ദേഹത്തിന്റെ കവളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കൊടുത്തു എന്നിട്ട് റസൂൾ ചോദിച്ചാർ എന്താണ് ഈ ആശറെ എന്താണ് പറ്റിയത് അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് അബദ്ധം പറ്റിപ്പോയി അങ്ങയെക്കുറിച്ച് ഞാൻ കുറ്റം പറയേണ്ടി വന്നു അങ്ങയെ ഞാൻ ചീത്ത പറയേണ്ടി വന്നു അവരുടെ ദൈവങ്ങളെ ഞാൻ നല്ലത് പറയേണ്ടി വന്നു അപ്പോൾ അവിടുന്ന് അത് നീ ചെയ്യുന്ന സന്ദർഭത്തിൽ നിന്റെ മനസ്സ് എന്തായിരുന്നു എന്തായിരുന്നു നിന്റെ ഹൃദയത്തിലെ അവസ്ഥ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുമാൻബിമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനത് പറഞ്ഞത് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ വസ്ല്ലം അവിടുന്ന് പറഞ്ഞു അവരി ആവർത്തിച്ചാൽ നീയുമത് ആവർത്തിച്ചു കൊള്ളുക അവരങ്ങനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നീ ഇനിയും ചെയ്തു കൊള്ളുക നീ പേടിക്കേണ്ടതില്ലാഹു സുബാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് അള്ളാഹുവിൽ വിശ്വസിച്ചതിനു ശേഷം ആളുകൾ എന്നിട്ട് അള്ളാഹു സുബാനു വച്ചാലും വിഭാഗത്തെ ഒഴിവാക്കി പറഞ്ഞു ഇല്ലാമൻ നിർബന്ധിതമായി നിർബന്ധിക്കപ്പെട്ട് ജീവന ഭീഷണിയുള്ള സന്ദർഭത്തിൽ ഹൃദയത്തിൽ ഈ മാൻ നിറഞ്ഞു നിൽക്കേ റ് പറഞ്ഞ ആളുകൾ ഒഴികെ അവർ അള്ളാഹു സുഹാനുഭത്തെ അലൊഴിച്ചു പറഞ്ഞു അപ്പോൾ യാസർ കുടുംബം അവർ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ ആദ്യത്തെ കുടുംബമാണ് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഉപദ്രവം സഹിക്കേണ്ടി വന്ന സഹാബികളിൽ തന്നെ പ്രമുഖനാണ് അദ്ദേഹത്തിന്റെ അമ്മാവനായ Said, െ കൊണ്ടുപോയി കെട്ടിയിടും എന്നിട്ട് നിന്റെ പിതാക്കന്മാരുടെ ദീൻ ഉപേക്ഷിച്ച് നീ പുതിയ ദീനിലേക്കാണോ പോകുന്നത് ഉപേക്ഷിക്കുന്നത് വരെ നിന്റെ കെട്ട് ഞാൻ അഴിക്കില്ല എന്നെ ഞാൻ അഴിച്ചുവിടുകയില്ല അങ്ങനെ വെയിലെത്ത്ാഹു അൻഹുവിനെ അവർ കിടത്തുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഞാൻ ഒരിക്കലും ഈദീനിൽ നിന്ന് തിരിച്ചു പോവുകയില്ല എന്ന്ഹു അദ്ദേഹം പറയുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഉറച്ചു നിന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഉസ്മാൻ അഫ്സാൻ അറുതി അള്ളാഹുഅഹുവിനെ വെറുതെ വിട്ടു നിങ്ങൾ ആ സംഭവങ്ങൾ മനസ്സിൽ ചിന്തിക്കണം മക്കയിലെ ചൂട് അനുഭവിച്ചവർക്കറിയാം എന്താണ് അവിടുത്തെ ചൂട് എന്ന് ആ ചൂടിലവർ മണ്ണിൽ അവരെ കിടത്തുമായിരുന്നു ചിലരെ കെട്ടിയിടും വെള്ളം കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ല അതോടൊപ്പം അവരെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു ഇന്ന് നമ്മൾ ചില മർദ്ദനങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര പേടിക്കാറുണ്ട് അതിനോടൊപ്പം അവരനുഭവിച്ചിരുന്നത് കടുത്ത ചൂട് ദാഹം ആ സന്ദർഭത്തിലും അവർ ദീനിലുറച്ചു നിന്നു എന്നത് ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ അവന്റെ ദീനിനോടുള്ള വില വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് സഹാബികളിൽ ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ട അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് മുസാഹുബിൻ അമേർ അള്ളഹി മുസാബുബു അദ്ദേഹം മക്കയിലെ യുവാക്കളിൽപ്പെട്ടയാളായിരുന്നു വളരെ കാണാൻ ഭംഗിയുള്ള വ്യക്തിയായിരുന്നു അലഹി വസ്ല്ലം അദ്ദേഹം നല്ല മുടിയുള്ള നല്ല വസ്ത്രം ധരിച്ചിരുന്ന ഏറ്റവും സുന്ദരമായ സുഗന്ധം പുരട്ടിയിരുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുസ്ആാബിനെ കുറിച്ച് പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മക്കും മുസ്ആാബിനോട് അങ്ങേയറ്റത്ത് ഇഷ്ടമുണ്ടായിരുന്നു വളരെയധികം മുസ്ബിന് അവർ സ്നേഹിച്ചിരുന്നു ഉമ്മ മുസ്ആാബിനു വേണ്ടി പ്രത്യേകം വസ്ത്രങ്ങൾ ഒരുക്കി വെക്കുമായിരുന്നു മക്കയിൽ മുസ്ആാബു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയുടെ അങ്ങേയറ്റത്ത് മുസാബിന്റെ അത്തറിന്റെ മണമടിക്കും അങ്ങനെ അദ്ദേഹം നബിസൊള്ളുഅലൈ വസ്ലമയുടെ ദീനിനെ കുറിച്ച് കേട്ടു അർക്കമിന്റെ വീട്ടിലെ റസൂളുള്ള കൂടാറുണ്ട് എന്നറിഞ്ഞു റസൂളുള്ളയുടെ അടുക്കൽ പോയി മുസ്ലിമായി അങ്ങനെ അദ്ദേഹം രഹസ്യമാക്കി ഇസ്ലാം കൊണ്ടു നടന്നു പക്ഷെ ഒരിക്കൽ മുസാബ് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കണ്ടു അത് കണ്ടപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി മുസാബിന്റെ കുടുംബത്തിൽ പോയി ഉമ്മയെ കാര്യമറിയിച്ചു കുടുംബക്കാരെ അറിയിച്ചു അതോടുകൂടി അവർ മുസ്ആാബിനെ ഉപദ്രവിക്കാൻ തുടങ്ങി അവർ മുസ്ആാബിനെ വീട്ടു ആ തടങ്കലിൽ ഭക്ഷണം കൊടുക്കില്ല അങ്ങേയറ്റം മുസ്ആാബുബു അവർ പ്രയാസപ്പെടുത്തി പ്രയാസത്തിന്റെ കാഠിന്യം കാരണം ആദ്യമായി അഭിസീമിയയിലേക്ക് ഹബയിലേക്ക് ഹിജറ പോയ ആളുകളിൽപ്പെട്ട ഒരാളാണ് മുസാബുബുനേർ അത്രയധികം പ്രയാസം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് അതേ മുസാബിനെ നമ്മൾ കാണുന്നത് യുദ്ധത്തിലാണ് ഒഹദ് യുദ്ധത്തിൽ അങ്ങേറ്റ ഭംഗിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവസ്ഥ സഹാബികൾ പറയുകയാണ് അദ്ദേഹം സഹാബികളോട് പറഞ്ഞു നിങ്ങൾ മുസാബിനെ തലയോട തലയടക്കം മൂടിക്കൊണ്ട് കഫൻപുടവ് ധരിപ്പിക്കുക എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നിങ്ങൾ പുല്ലുവെച്ച് കെട്ടുക അങ്ങനെയാണ് മുസാബിനെ അവർ മറമാടിയത് മുസാബിനെ കബറടക്കിയത് നമുക്ക് നിങ്ങൾ എല്ലാത്തിലും റസൂള്ള പറയാൻ മക്കയിൽ മുസാബിനോളം അനുഗ്രഹങ്ങൾ അനുഭവിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിനു വേണ്ടി അവർ ത്യജിച്ചതാണിത് നമ്മൾ എന്താണ് ത്യജിച്ചത് നമ്മൾക്ക് എന്തു നഷ്ടമാണ് ഉണ്ടായത് നമ്മൾക്കെന്തു പ്രയാസമാണ് ഉണ്ടായത് ചെറിയ പ്രയാസങ്ങൾ ദീനിന്റെ മാർഗത്തിൽ വരുമ്പോൾ നമ്മളിൽ പലരും ഇത്ര അക്ഷമരാണ് എത്ര അള്ളാഹു സുഹാനഹു ആല പറഞ്ഞതുപോലെ അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന ആ പ്രയാസം അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെയാണ് കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ലാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ട് വക്കത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ അവൻ എന്തെങ്കിലും നന്മയുണ്ടായാൽ അവൻ സമാധാനത്തിലാണ് അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ദീനിൽ നിന്ന് തന്നെ അവൻ തിരിഞ്ഞുകളും അള്ളാഹു മുസ്താൻ അതുകൊണ്ട് ഈ ചരിത്ര സംഭവങ്ങളിൽ ഓരോ മുസ്ലിമിനും പാഠമുണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ദീനിനു വേണ്ടി അനുഭവിച്ചത് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലെ നമ്മുടെ അഞ്ച് സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് എത്തിയെന്ന് പറയുമ്പോൾ തന്നെ നാം ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ദീൻ എത്രമാത്രം മുറുകെ പിടിച്ചു എന്നതിൽ നമുക്ക് ആർക്കും വേവലാതിയില്ല അള്ളാഹുവിന്റെ ദീൻ എത്ര മാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നതിനെ കുറിച്ച് ഒരാൾക്ക് പോലും വേവലാതിയില്ല അഞ്ചോ ആറോ ഏഴോ എട്ടോ സംസ്ഥാനങ്ങൾക്ക് മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ ദീനിൽ നിന്ന് ഉപേക്ഷിച്ചത് എത്ര കാര്യങ്ങൾ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുമ്പോൾ ആയിരം കിലോമീറ്ററുകൾ നാം ഇസ്ലാമിനെ ഉപേക്ഷിക്കണം ഒരു വാരം അപ്പുറത്തേക്ക് ഇസ്ലാമിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമെന്ന് അറിയുമ്പോഴേക്ക് ഇസ്ലാമിന്റെ പേരും അതിന്റെ അടയാളങ്ങളും നമ്മുടെ മുഖത്തുനിന്നും ശരീരത്തുനിന്നും ഒഴിവാക്കാൻ നമ്മൾ തിരക്കൂട്ട് ഇവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ ഇവരാണ് നമുക്ക് ഈ ദീനെത്തിച്ചു തന്നത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല ഒരു രോമം എടുത്തു നീക്കപ്പെട്ട വേദന പോലും വേദനയായി പോലും അതിനെ പരിഗണിക്കാൻ സാധിക്കുകയില്ല ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുന്റെ ദീനിന്റെ മാർഗത്തിൽ വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വന്ന സഹാബികളിൽ ഒരാളാണ് അബി വക്കാസ് അള്ളാഹാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ ശാന്നോട് പറഞ്ഞു നിന്റെ ദീനിൽ മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നാണല്ലോ ഉള്ളത് ഞാൻ നിന്റെ ഉമ്മയാണ് നിന്റെ ദീനിൽ മാതാവിനോട് പിതാവിനോടും നന്മ കാണിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയാണ് നിന്നോട് പറയുന്നത് ഈ ദീന നീ ഉപേക്ഷിക്കണം നീ അത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും ഈ വെയിലത്തിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല മുടി വാരുകയില്ല അങ്ങനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയിൽ ഞാനിവിടെ മരിച്ചു വീഴും നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾ നിന്നെ വിളിക്കും നാളെ കാത്തിലുൽ ഉമ്മ ഉമ്മയെ കൊന്നവൻ എന്ന ആളുകൾ നിന്നെ പറ്റി പറയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം ഈ ദീന് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല സുഹാൻ നിങ്ങൾ അവരുടെ മനസ്സ് ചിന്തിക്കണം സ്വന്തം ഉമ്മയേക്കാൾ ദുനിയാവിൽ അവർക്ക് കിട്ടിയിരുന്ന എന്തൊന്നിനേക്കാളും അവർക്ക് ഈ ദീനിനോട് ഇഷ്ടമുണ്ടായി എന്നത് എത്രമാത്രം വലിയ ഞമ്മത്തായാണ് അവർ അള്ളാഹുവിന്റെ ദീനിനെ കണ്ടിരുന്നത് എന്നതിനുള്ള തെളിവാണ് അവരനുഭവിച്ചിരുന്ന സുഖം അവരനുഭവിച്ചിരുന്ന ആനന്ദം അവരനുഭവിച്ചിരുന്ന സ്വസ്ഥത ഈ ദീനുകൊണ്ട് അത് ദുനിയാവ് മുഴുവൻ കൊടുത്താലും പകരം പറ്റാത്തതായിരുന്നു അപ്പോൾ ഉമ്മ അവർ പറഞ്ഞു ഞാൻ എന്തായാലും ഇങ്ങനെ പ്രവർത്തിക്കും അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടി അവരുടെ അവസ്ഥ വളരെ പ്രയാസത്തിലായി മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു അല്ലേ ഉമ്മാനിൻ എന്റെ ഉമ്മ നിങ്ങൾക്ക് നൂറ് ജീവനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ് ജീവിതമുണ്ടായിരുന്നെങ്കിൽ അതിലോരോ ജീവിതവും എൻ്റെ കൺമുന്നിൽ വച്ച് ഈ അവസ്ഥയിലായിക്കൊണ്ട് വിട ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലും ഞാൻ ഈ ദീനിൽ നിന്ന് പുറത്തു അതുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ വേണ്ട എങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഈ ദീനിൽ നിന്ന് പുറത്തു വരികയില്ല നോക്കൂ നിങ്ങൾ ശുഭാനല്ല ഒരാൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പറഞ്ഞ വാക്കുകളുടെ കാഠിന്യം നോക്കു നിങ്ങൾ അങ്ങനെ ഉമ്മക്ക് മനസ്സിലായി അതു ഒരിക്കലും പിന്തിരിഞ്ഞ് പോവുകയില്ല അങ്ങനെ അവർ തിരിച്ചു വന്നു അവർ അവരുടെ ഈ ശബദം അവസാനിപ്പിച്ചു അപ്പോഴാണ് അള്ളാഹു ആയത് അവതരിപ്പിച്ചത് നാം മനുഷ്യനോട് അവരുടെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ جَاهَدَاكَ تُشْرِكَ بِهِ لَيْسَ لَكَ فَلَا െ ധിക്കാൻ അവർ നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കരുത് റസൂൽ വസ്സലാ പറഞ്ഞതുപോലെ സൃഷ്ടാവായ അള്ളാഹുവിനെ ധിഖരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്ക് മനുസരണമില്ല അതുപോലെ എടുത്തു പറയേണ്ട ചരിത്രമാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച വ്യക്തിയാണ് അത് മറ്റു സഹാബികൾ അദ്ദേഹത്തെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അനുഭവിച്ച ഒരാളെയും സഹാബികളുടെ കൂട്ടത്തിൽ എനിക്കറിയില്ല അത്രമാത്രം പ്രയാസം അനുഭവിച്ചിരുന്നു അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ അവരെന്നെ കൊണ്ടുപോയി എന്നിട്ട് അവർ തീയിട്ടു ആ തീയിന്റെ കനലിൽ ആ തീയിൽ കൊണ്ടുപോയി ഹബ്ബാബിനെ അവർ കിടത്തി എന്നിട്ട് ഒരാൾ ഹബ്ബാബിന്റെ നെഞ്ഞത്ത് കാലുകൊണ്ട് ചവിട്ടി അമർത്തി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം ഹബ്ബാബ് റതി അള്ളാഹു അദ്ദേഹത്തെ കിടത്തിയിരുന്ന തീ അത് കെട്ടുപോയിരുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഇറച്ചി ഉരുകി ഒലിച്ച ആ നനവു അത്രമാത്രം ഹബ്ബാബ്റതി അള്ളാഹുവിനെ അവർ ഉപദ്രവിച്ചിരുന്നു പിൽക്കാലഘട്ടത്തിൽ അമർബു ഹത്താബ് റതി അള്ളാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഹബ്ബാബിന്റെ ശരീരത്തിൽ നിന്നൊരിക്കൽ അദ്ദേഹത്തിന്റെ മേൽമുണ്ട് താഴോട്ട് കൊണു ആ ശരീരത്തിൽ അവസ്ഥ കണ്ട് അമർ അള്ളാഹു വാൻഹു മുഖം തിരിച്ചു കളഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിൻഭാഗത്ത് നിന്ന് ഇറച്ചുപോയി എല്ല് പുറത്തേക്ക് കാണുമായിരുന്നു അത്രമാത്രം അവർ ഹബ്ബാബ്റതി അള്ളാഹു അൻഹുവിനെ ഉപദ്രവിച്ചിരുന്നു അതുപോലെ അദ്ദേഹം അനേകം പ്രയാസങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഖബറിന്റെ അടിക്കൽ കൂടെ നടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഹബ്ബാബിനോട് കാരുണ്യം ചെറിയ ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനേകം പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു അള്ളാഹു ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രതിഫലം പാഴാക്കി കളയുകയില്ല അതുപോലെ തന്നെ ഹബ്ബാബിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ബിലാൽ അള്ളാഹ്വാൻ കർത്തവനായിരുന്ന ബിലാൽ അടിമയായിരുന്ന ബിലാൽ അള്ളാഹ്വാൻ അദ്ദേഹത്തിന്റെ ചരിത്രം ഇസ്ലാമിൽ മറ്റൊരു മാതൃകയില്ലാത്ത രൂപത്തിൽ എഴുതപ്പെട്ട ചരിത്രമാണ് ബിലാൽ അബ്നുറബാ ഹറദ് അള്ളാഹ്വാൻ അദ്ദേഹം ഇസ്ലാമിന്റെ മാർഗത്തിൽ അങ്ങേറ്റം പ്രയാസം അനുഭവിച്ച വ്യക്തിയാണ് ഹദീസിൽ കാണാം ഇസ്ലാം ആദ്യം സ്വീകരിച്ച ആളുകൾ അത് പുറത്തേക്ക് ആദ്യം പറഞ്ഞത് ഏഴാളുകളാണ് അബൂബക്കർ അള്ളാഹു അഹുവും യാസറിന്റെ കുടുംബവും അതുപോലെ ബിലാലും അതിൽ റസൂൾ അബു താലിബിന്റെ കാരണത്താൽ അവർ ഉപദ്രവിച്ചിരുന്നില്ല അബൂബക്കറിന് മുഷിഖുകൾക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നതുകൊണ്ട് കുറൈഷികൾക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നതുകൊണ്ട് അബൂബക്കറിനെയും അവർ ഉപദ്രവിച്ചില്ല എന്നാൽ യാസറിന്റെ കുടുംബത്തെ അവർ ഉപദ്രവിച്ചു കടുത്ത ഉപദ്രവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ട് അദ്ദേഹം പറയുകയാൻ ഹദീദ് മുഷിരിഖകൾ മറ്റു മുസ്ലിമീങ്ങളെല്ലാം തന്നെ പിടികൂടി എന്നിട്ട് അവരെ ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിക്കും അവരുടെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ലാതെ ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിക്കും എന്നിട്ട് അവരെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് പറയുകയാണ് അവരിലെല്ലാവരും പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പ്രയാസങ്ങൾ സഹിക്കാൻ പറ്റാതെ മുഷിരിക്കുകൾ പറയുന്നത് പീഡനങ്ങളുടെ കാഠിന്യത്തിന്റെ സന്ദർഭത്തിൽ അവരനുസരിക്കുമായിരുന്നു